മനുഷ്യൻ എന്തെങ്കിലും പ്രയാസം നേരിടുമ്പോൾ അവൻ തൻറെ രക്ഷിതാവിംഗിലേക്കും മടങ്ങി പ്രാർത്ഥിക്കുന്നു പിന്നീട് അവൻ അവനിൽ നിന്നൊരനുഗ്രഹം നൽകിയാൽ മുൻപുതാൻ പ്രാർത്ഥിച്ചിരുന്ന കാര്യത്തെ അവൻ മറക്കുകയും അള്ളാഹുസുബഹാനഹൂവത്ത ആലാവിനു തുല്യരായ പങ്കാളികളെ ഉണ്ടാക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻറെ മാർഗ്ഗത്തിൽ നിന്ന് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു പറയുക നിന്റെ നിഷേധത്തിൽ നീ അല്പനേരം ആനന്ദിക്കുക തീർച്ചയായും നീ നരകവാസികളിൽപ്പെട്ടവനാണ്